ഭാഷ്യത്തിൽ പറയുന്നു സമ്പത്തി ഉണ്ടെങ്കിൽ ധർമ്മജിജ്ഞാസയ്ക്ക് മുമ്പും ഊർധിച്ചതിന് ശേഷവും അതാണ് ഞാൻ ഇന്നലെ മുഴുവൻ വിശദീകരിച്ചത് ശക്തി ബ്രഹ്മജിജ്ഞാസി ബ്രഹ്മത്തെ ജിജ്ഞാസി ഇന്ന വിപരിയെ എന്ന് വെച്ചാൽ മറിച്ചാണെങ്കിൽ കഴിയില്ല ബ്രഹ്മവിചാരത്തിനും ബ്രഹ്മ ഞാനും സാധിക്കത്തില്ല മറിച്ചാണെങ്കിൽ മറിച്ചെന്നുവെച്ചാൽ സമ്പത്തി ഇല്ലെങ്കിൽ സാധനചേഷ്ഠ സമ്പത്തി ഉണ്ടെങ്കിലേ ബ്രഹ്മവിചാരവും ഞാനും സാധിക്കൂ എന്നുവെച്ചാൽ വിപരീ എന്ന് വെച്ചാൽ മറിച്ചാണെങ്കിൽ സാധിക്കില്ല എന്തു മറിച്ചാൽ സാധനചതുഷ്ടയ സമ്പത്തി ഇല്ലെങ്കിൽ അതാണ് ബഹുമതികാരം പറഞ്ഞത് എന്നാ കേവലം ജിജ്ഞാസ മാത്രം അഭിതു ജ്ഞാനോ അഭി ഈ സാധനചതുഷ്ടയ സമ്പത്തി ഉണ്ടെങ്കിൽ ബ്രഹ്മവിചാരം ചെയ്യാമെന്നല്ല പറയുന്നത് അതുമാത്രമല്ല ബ്രഹ്മവിചാരം ചെയ്യാനും അതോടൊപ്പം എന്താണ് അറിയുന്നത് അപ്പൊ ഇത് വളരെ കർശനമായ ഒരു നിബന്ധന സംഭരത്തിൽ വയ്ക്കുന്ന നിത്യാനിത്യവസ്തു വിവേകം തികച്ചും മാനസികമാണ് രാമൂത്രഫലഭോഗ വിരാഗം മാനസികമാണ് സമാധി ഷഡ്കസമ്പത്തി എന്ന് പറയുമ്പോൾ മാനസികവും ശാരീരികവുമാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക മനസ്സിനെ നിയന്ത്രിക്കുക സഹിക്കുക ശീതൂഷ്ണാദികളെയൊക്കെ സഹിക്കുക ശാരീരികമാണ് മാനസികവുമാണ് ഇത്തരം എല്ലാ കഴിഞ്ഞാൽ മാത്രമേ ബ്രഹ്മവിചാരവും ഞാനും മിഴ് ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള ഒഴിവരടുത്താണെന്ന് തോന്നുന്നു അധികാരിയെ കുറിച്ച് പറയുമ്പോൾ അധികാരി എന്ന് പറയാൻ അവന് പിത്തം കൂടുതലായിരിക്കും അവൻ വിളറിയിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവനാണ് അധികാരിന്ന് ഏതോട് വായിച്ചത് അതിനൊന്നും കാര്യമില്ല അതൊക്കെ ബ്ലഡ് അനീമിയ ഉള്ളവരാണ് അങ്ങനെയൊക്കെ ആയിരിക്കുന്നത് ബ്ലഡ് അനീമിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഹ്മചാരമൊന്നും സാധിക്കില്ല അസുഖങ്ങൾ ഇപ്പൊടി ഇവിടെ നോക്കണം അപ്പോ ഈ ബ്ലഡ് അനീമിയ വരുന്നത് നമ്മുടെ ശരീരത്തിന്റെ പല പ്രശ്നങ്ങൾ കൊണ്ടും വരാം ഈ ഭക്ഷണമൊക്കെ ആവശ്യമില്ലാതെ നിയന്ത്രിക്കുകയും കുറയ്ക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ബ്ലഡ് അനീമിയ ഒരു അതൊന്നു കഴിഞ്ഞാൽ ശരീരം വളരും ഈ വളർച്ച കൊണ്ടിരിക്കലും ബ്രഹ്മ ഞാനൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ എഴുതി വായിച്ചിട്ടുണ്ട് ഇതിനെയൊക്കെ തെറ്റായും മനസ്സിലാവും ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും ആരോഗ്യമുള്ള മനസ്സിനെ ഇതൊക്കെ വിചാരം ചെയ്യാൻ പറ്റും വടക്കേ സ്വാമിമാരുടെ കാലത്തുനിന്ന് കൊഴുത്തടിച്ച കുടക ഇറക്കായിട്ടിരുന്നു മതപ്രഭാഷണം നടത്തുന്നു അവിടെ അനീമിയ ഉള്ള ആരും പറയാറില്ല ഇങ്ങനെ വായിച്ചോണ്ട് ഞാൻ പറഞ്ഞു ഭാഷ അധശ്ന യഥോക്തസാധന സമ്പത്തി ആനന്തര്യം ഉപദ്രവം കൊണ്ട് യഥോക്തുമ്പ് പറഞ്ഞതായ സാധനസമ്പത്തിനമ്പദ്ക്ക് ശേഷം എന്നുള്ള കാര്യമാണ് പറയുന്നത് ആനന്തര്യം വിശേഷവും ഉപദേശിക്കുന്നു സാധന സംബന്ധിക്ക് ശേഷം ബ്രഹ്മവിചാരവും ബ്രഹ്മജ്ഞാനവും മോക്ഷം കർശനമായ ഒരു ഡിസിപ്ലിൻ എന്ന് പറയാം അതാണ് ശങ്കരാചാര്യ ബ്രഹ്മജ്ഞാനം ശങ്കരായർക്ക് വല്യൊരു ഗുണമുണ്ട് എന്താണ് ശങ്കരായ സിദ്ധാന്തത്തെ ഉറപ്പിച്ച് നിർത്താൻ വല്യൊരു ഗുണമുണ്ട് വളരെപൂർവമായ ശങ്കരായ ഗുണം ഏതെങ്കിലും ഒരുത്തം ജീവിതകാലം മുഴുവൻ ബ്രഹ്മവിചാരം ചെയ്തു ബ്രഹ്മ വിചാരം ചെയ്തിട്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ പറയാം അത് ബ്രഹ്മ വിചാരത്തിന്റെ കൊഴപ്പല്ല ബ്രഹ്മജ്ഞാനത്തിന്റെ കൊഴപ്പല്ല സാധനചമ്പത്തി ഇല്ലാത്തോണ്ടാണ് അതില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നം തോന്നുന്നു നമുക്ക് ചങ്കരാകാര്യ നേരെ ആർക്കും കേറാൻ പറ്റത്തില്ല അതായത് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് അധികാരിയാണെങ്കിൽ അത് ഉണ്ടാവത്തു ഇല്ലെങ്കിൽ അത് ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞാൽ പ്രശ്നം തോന്നുന്നു ഒരാൾ എത്രയൊക്കെ ബ്രഹ്മവിചാരം ചെയ്തിട്ടും ഉണ്ടായില്ലെങ്കിൽ പറയാധികാരി അല്ലോ എന്നുള്ള അവന് മാത്രമേ അറിയുള്ളൂ അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ബ്രഹ്മചാരം ഇല്ലാത്ത കൺക്ലൂഡ് ചെയ്യാണ് അധികാരി എന്നുവെച്ചാൽ മറ്റൊരാൾക്കും അറിയാൻ പറ്റില്ല അയാൾക്കും പറ്റില്ല കാരണം ഇത് ഒരു മെഷറബിൾ സാധനം അല്ല പുറമേ ഉള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ നോക്കാൻ പറ്റും ഇത് മെഷറബിളല്ല മെഷറബിൾ അല്ലാത്ത ഒരാളിനെ ആർക്കറിയാൻ പറ്റും ഇതൊരു അതായത് പെയിൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പെയിൻ പക്ഷെ നമുക്കറിയാമെങ്കിലും നമുക്കത് മെഷറബിളല്ല മെഷറബിൾ ക്കാൻ പറ്റില്ല അറിയാൻ നോക്ക് അളക്കാൻ പറ്റില്ല അപ്പോ കൃത്യമായ അളവ് നിശ്ചയിക്കാൻ വയ്യാത്ത പ്ലഷർ ഇതെല്ലാം അത് അളക്കാൻ ഒരു ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല നമുക്കറിയാതെ അറിയാൻ പറ്റും കൂടുതൽ കുറവെന്നേ അറിയാൻ പറ്റും എത്ര ഡിഗ്രി അങ്ങനെ ഒരു ഡിഗ്രി കണക്കില്ല അതുപോലെ സാധന ചേർത്താസമ്മത്തി എത്ര ഉണ്ടായാൽ ഒരാൾക്ക് ഞാനുണ്ടാവും ഇത് തീരുമാനിക്കാൻ പറ്റി അതുകൊണ്ടാണ് ഈ തമിഴ് ഗ്രന്ഥങ്ങളെ പറഞ്ഞത് അവനെ കണ്ടാ വളർ വളർച്ച ഉണ്ടായിരിക്കും പിത്തമായിരിക്കും അധികരിച്ചിരിക്കുന്ന പറഞ്ഞത് പുറമേ ഉള്ള ലക്ഷണങ്ങള് പറയുന്നത് അല്ലല്ല ശാസ്ത്രം ഏത് ഗ്രന്ഥം ഞാൻ ഒഴിവ് ഒടുക്കുവാണോ ഏതോ അതുപോലെ ഏതോ അവരൊരു കൃത്രിമമായിട്ടൊരു മാനദണ്ഡം ഉണ്ടാക്കുകയാണ് ഇങ്ങനെ ആയാലും ശരിയാകില്ല പിന്നെ ഇതൊക്കെ എന്താണ് ആത്യന്തികമായിട്ട് എന്താണ് ഇപ്പൊ ഒരാള് വിശ്വസിക്കേണ്ടത് എനിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടായി എന്ന് വിശ്വസിച്ചെ ബ്രഹ്മജ്ഞാനമുണ്ട് വിശ്വസിച്ചല്ലേ ബ്രഹ്മജ്ഞാനം ഇല്ല അത് വിശ്വാസമാണ് ആത്യന്തിക വിശ്വസിക്കാ എനിക്ക് ബ്രഹ്മജ്ഞാനമുണ്ടെന്ന് വിശ്വസിക്കാൻ വേറാണ്ട് കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എ അല്ലെങ്കിൽ ബിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടോ അതൊന്നും എനിക്ക് അറിയാനോ വിശ്വസിക്കാനോ പറ്റില്ല പക്ഷെ സ്വന്തം കാര്യത്തിൽ ഒരാൾക്ക് ഒരു കോൺഫിഡൻസ് വരുകയാണ് ആ എനിക്ക് ബ്രഹ്മജ്ഞാനമുണ്ട് ആ വിശ്വാസമുണ്ട് അങ്ങനെ ഒരുപാട് ബ്രഹ്മജ്ഞാനികൾ ചുറ്റിക്കിറങ്ങി നടക്കുന്ന ഹിമാലയത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കെല്ലാം നല്ല കോൺഫിഡൻസ് ആണ് എനിക്ക് ബ്രഹ്മജ്ഞാനം ാണ് അല്ലാതെ നിങ്ങളെ പഠിപ്പിച്ചതുപോലെ എന്താണ് സിംപിൾ അവയർനെസ് ഒന്നും ഇല്ല അവർനെസ് അല്ല ഇത് ഫെയ്ത്താണ് മീൻസിനുമ്പം ഞാൻ ഫെയ്ത്താണ് ഒരിക്കലും അത് അവയർനെസ് അല്ല അവയർനെസ് അല്ലാത്ത ഗുരുദേവനെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളു എന്താണ് അനാത്മാനങ്കാരം അനാത്മനങ്കാരേന അനുഭവാത്മജ്ഞാനം അമൃത ആത്മജ്ഞാനം കൊണ്ട് എന്താണ് പറയുക ആത്മജ്ഞാനം കൊണ്ട് മോക്ഷം നേടും എന്നൊക്കെ പറയുന്നത് അദ്വൈത അദ്വൈതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് മനസിലായ അപ്പോ ആത്മജ്ഞാനം കൊണ്ട് മോക്ഷം നേടും എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു അവിടെയാണ് ഫെയ്ത്ത് വരുന്നത് ആത്മജ്ഞാനം കൊണ്ട് മോക്ഷം നേടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഫെയ്ത്ത് അത്രയുള്ളൂ എനിക്കങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ആശ്രിക്കായിരിക്കും പക്ഷെ അദ്വൈതി അങ്ങനെ പറയുന്നത് അദ്വൈതി പറയുന്ന പോലെയാണ് അങ്ങനെ സിംപിൾ അവയർനെസ് ആണ് അവയർനെസ്സാണ് എന്ന് പറയും അത് ഇനി അങ്ങനെ പറയുന്ന ഒരു അവയർനെസ് ആണ് അത് നമുക്ക് ചർച്ച ചെയ്യാൻ പോകാം എന്താണ് പറയുന്നത് അടുത്ത് നോക്കേണ്ടത് ബാമതിയില് ക്രമപ്രാപ്തം അധശ്ദം അതാപിയമാണ് അടുത്ത് വരുന്നത് അധഹ അധ എന്നാപ്തമായ സൂത്രത്തിലെ ക്രമം അനുസരിച്ച് സൂത്രത്തിലാദ്യ അധശ്ദം വന്നു രണ്ടാമതല്ല അധശ്ദം വന്നു മൂന്നാമത് ബ്രഹ്മജിജ്ഞാസ അപ്പൊ ക്രമപ്രാപ്തം എന്ന് വെച്ചാൽ രണ്ടാമതായി വന്നു സൂത്രത്തിൽ അധശ്ദം അധ എന്നുള്ള ശബ്ദം ചിലര് അതാധോ എന്നൊക്കെ പറയും അതിന്റെ ആവശ്യമില്ല അധ അത അധ അധ ഉച്ചരിക്കുമ്പോ രണ്ടും പ്രത്യകം പ്രത്യേകം പറയും ആദ്യത്താണ് ഘടിപ്പിക്കേണ്ടത് അധ അധ ബ്രഹ്മിജ്ഞാസ് ചേർത്ത് പറയുമ്പോൾ അഥോ ബ്രഹ്മജിഞ് അധശം യാജഷ്ടേ അധശ്ദോ ഹേത്വർത്ഥ ഏതു അർത്ഥത്തിലാണ് കാരണം അതുകൊണ്ട് എന്തുകൊണ്ട് അതുകൊണ്ട് കാരണമൊന്നും തമേവ അധശ്ദിന അർത്ഥം അതാണ് അതേ അർത്ഥം തന്നെ തമ്മെന്ന് പറയുന്ന അർത്ഥം അധശബ്ദസഹതുരൂപമാണ് അധശബ്ദത്തിന്റെ ഹേതു എന്നുള്ള അർത്ഥം അതിനെ ആഹപ്പറയുന്നു എന്തുപറയുന്നു hetu hetu anitya എന്തുകൊണ്ടെന്നാൽ തന്നെ അഗ്നിഹോത്രം തുടങ്ങിയ ശ്രേയസാധനം ശ്രേയസിന് സാധനമായിരിക്കുന്ന അനി അവയുടെ അനിത്യഫലത അവയുടെ അനിത്യഫലത്തെയെ അവയുടെ ഫലങ്ങൾ അനിത്യമാണെന്നുള്ളതിനെ ദർശയിൽ കാണിച്ചു തരുന്നു വേദം തന്നെ അഗിഹോത്രാദികളുടെ ഫലം അനിത്യമാണെന്നും നമ്മളെ ബോധിപ്പിക്കുന്നു തദ്ധ അതെങ്ങനെയാണ് അതെപ്രകാരമാണ് പറയുന്നു ഇഹ് പുണ്ധ്വാനിച്ചുണ്ടാക്കുന്നു ലോക ഫലം നശിച്ചു പോകുന്നു അതുപോലെ തന്നെ അമുത്ര പരലോകത്ത് പുണ്യത്തോ ലോക പുണ്യം കൊണ്ട് സമ്പാദിക്കുന്ന ലോകം എന്ന് വെച്ചാ ഫലം ക്ഷേതുന്നു ഇപ്പൊ ലോകത്തിലെ ഫലങ്ങൾ നശിക്കുന്നു അതും കർമ്മം കൊണ്ടാണ് ഏലോകത്തിലെ ഫലങ്ങൾ നശിക്കുന്നു കർമ്മം കൊണ്ടുള്ള ഫലം ഇക്കാര്യത്തെ കുറിച്ച് പറയുന്നു അത്രയേകം പരിചോദ്യതേ പാമതികാർ ഇവിടെ ചില ചോദ്യങ്ങളുണ്ട് സത്യം യഥോക്താധന സമ്പത്തി അനന്തരം ബ്രഹ്മജിജ്ഞാസവതി അത് ശരിയാണ് നിങ്ങളീ പറഞ്ഞത് ഈ പറഞ്ഞ സാധന സമ്പത്തിക്ക് ശേഷം ഉണ്ടാകാം അംഗീകരിക്കും അർത്ഥാംഗീകാരമാണ് നിങ്ങള് പറഞ്ഞതിന് കുറച്ച് കാര്യമുണ്ട് സാധന സമ്പത്തി ഉണ്ടായാൽ ജിജ്ഞാസുണ്ടാകും പക്ഷേ അനുഭവം അതിന് യുക്തിയില്ല നിങ്ങളീ പറയുന്ന സാധനചതുഷ്ട സമ്പത്തി അത് കഴിഞ്ഞ് എന്ന് പറയുന്നതിന് യുക്തിയൊന്നുമില്ല എന്തുകൊണ്ട് ഈ ലോകത്തിലുള്ള ഫലങ്ങളിലും പരലോകത്തിലുള്ള ഫലങ്ങളിലും അത് ഒരിക്കലും ഉണ്ടാകത്തില്ല അതിലൊരു യുക്തി കൊണ്ടെത്താൻ പറ്റുന്നില്ല മനുഷ്യൻ ഈ ലോകത്തിലുള്ള എല്ലാ ഫലങ്ങളിലും പരലോകത്തിലുള്ള ഫലങ്ങളിലും ഇച്ഛയില്ലാതെയാകുന്നു ഒരു യുക്തി കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാര പറയുന്നു പൂർവക്ഷം എന്ന് വെച്ചാൽ ചോദിക്കുന്നതാണ് സത്യം പറഞ്ഞ ശരിയാണ് വിഹാമുത്ര ഫലഭോഗ വിരാഗസ അനുഭവത്തി യഥോക്തസാധന സമ്പത്തി അനന്തരം പറഞ്ഞ സാധന സമ്പത്തിക്ക് ശേഷം ബ്രഹ്മിജ്ഞാസ ഭവതി എന്ന് പറഞ്ഞ സൈവ അത് തന്നെ അയുക്തമാണ് അനുഭവനാ യുത്ര വിരാഗസ് അനുഭൂതി ഫലഭോഗ വിരാഗം ഉണ്ടാകത്തില്ല ആർക്കും എന്താണ് അത് വിശദീകരിക്കുന്നു അനുകൂല വേദനീയം ഹി ഫലം അനുകൂലമെന്നറിയപ്പെടുന്നതാണ് ഫലം ഒരാൾക്ക് ഇത് അനുകൂലമെന്ന് തോന്നുന്നു സ്വർഗം അനുകൂലം എന്ന് തോന്നുന്നു അത് ഫലമാണ് കൃഷി ചെയ്താൽ ധാന്യം ഉണ്ടാവും അത് അനുകൂലം എന്ന് തോന്നുന്നത് ഫലമാണ് ഭക്ഷണം കഴിച്ചാൽ തൃപ്തി ഉണ്ടാവും അത് അനുകൂലം എന്ന് തോന്നുന്നതൊക്കെയാണ് ഫലം ഇഷ്ടലക്ഷണത്വാത് ഫലസ്യ ഫലം എന്ന് പറയുന്നത് ഇഷ്ട സ്വരൂപമാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണോ എന്ന് പറഞ്ഞ പോരാ അതിനർത്ഥമുണ്ട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണോ എന്ന് പറഞ്ഞാൽ പോരാ പോര്ടച്ഛായാം എന്ന് പറയുന്നത് എന്റെ നിഷ്ഠയാണ് ഇച്ഛാ വിഷയം ഇച്ഛയുടെ വിഷയമാണ് ഇഷ്ടം എന്ന് പറയും എന്തെന്തിനാണോ നമ്മൾ ഇച്ഛിക്കുന്നത് അതാണ് ഇച്ഛാ വിഷയം അതിനാണ് ഇഷ്ടം എന്ന് പറയും വാക്കുകള് ഇപ്പൊ എത്ര കൊല്ലമായിട്ട് ഈ വാക്കു മതപ്രഭാഷത്തിൽ പറയുന്നത് ഇവരും എന്റെ അർത്ഥം അറിയാമോ ഇതുപോലെ തന്നെയാണ് എല്ലാ വാക്കുകളുടെയും ഇഷ്ടം ഇഷ്ടമെന്ന് പറയുന്നത് എന്താ ഇഷ്ടംന്ന് പറയുന്നത് എന്റെ അർത്ഥം ഏഹ് അതും ഇത് വന്നു പ്രീതിയുടെ വിഷയം പ്രീഞ് പ്രീണന് പ്രീഞ്ഞ പ്രീണനെ അതിന്റെ വിഷയമാണ് പ്രിയം ഇഷ്ടം ഇച്ഛയുടെ വിഷയമാണ് അതുകൊണ്ടാണ് പറയുന്നത് പഠപുത്ര വ്യാകരണം അല്ലയോ മോനെ നീ വ്യാകരണം പഠിക്കൂ ആര് പറഞ്ഞിരിക്കുന്നതാണ് എന്നാലേ ഇതിന്റെ കൃത്യമായ അർത്ഥം മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇഷ്ടമെന്ന് പറയുമ്പോ അത് ഇച്ഛയുടെ വിഷയമാണെന്ന് പറയുമ്പോ ഒരു പുതിയ അറിവല്യം ഉണ്ടാകും ഒരു ക്ലാരിറ്റി ആ ക്ലാരിറ്റിക്ക് വേണ്ടിട്ട് ആവശ്യമാണ് അത് ഇപ്പൊ നോക്കുക ഇഷ്ടം ഇതുകൊണ്ട് നമ്മുടെ ഇച്ഛയുടെ വിഷയമാണോ അത് കെട്ടണം ഇച്ഛിക്കുന്നു ഇവിടെ കൃഷി ചെയ്ത് ധാന്യം ഉണ്ടാകുന്നു ഇച്ഛയുടെ വിഷയാണ് ഇഷ്ടമാണ് ഇഷ്ടലക്ഷണത്വ ഫല ഇഷ്ടലക്ഷണം എന്ന് വെച്ചാൽ ഇഷ്ട സ്വരൂപമാണ് ഇഷ്ടമാണ് അതിന്റെ സ്വരൂപം നുരാഗഹേതൗ അസിയ വൈരാഗ്യം ഭവർ അതായത് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇച്ചയുടെ വിഷയം ഇപ്പൊ സ്വർഗത്തെ എടുക്കുക അത് ഇഷ്ടം എന്നിട്ട് ഇച്ചയുടെ വിഷയം ഇച്ഛയാണ് അനുരാഗമെന്ന് പറയും അനുരാഗമെന്ന് പറഞ്ഞാൽ എന്താണ് അനുരാഗമെന്ന് പറയുന്നത് ഇഷ്ടം രാഗത്തിന്റെ പിന്നാലെ നിങ്ങള് പറയൂന്ന് വിചാരിച്ച് ഞാൻ ചോദിക്കുന്ന എന്താ എന്താ പറയാ എന്താ തെളിച്ചു വെച്ചിരിക്കുന്ന പുറത്തു പുറട്ടാന്ന് വിചാരിച്ചല്ലേ ഒരു സമീപാന് അനു എന്നരമായ രാഗം തുടർച്ചയായിട്ടുള്ള നൈരന്തര്യം തുടർച്ചയെന്ന് കാണിക്കാനാണ് നിരന്തരമായ രാഗം പറഞ്ഞ പിന്തുടരുക നിരന്തരം പിന്തുടരുക ഇവിടെ പറയണ അനുരാഗേതോ നിരന്തരമായ രാഗത്തിന് ഹേതുവായിരിക്കുന്നത് എപ്പോഴും ഉള്ള എന്താണ് രാഗത്തിന്റെ ഹേതു എപ്പോഴും എന്തായിരിക്കും രാഗത്തിന്റെ ഹേതു എപ്പോഴും എന്തായിരിക്കും എന്തെങ്കിലും രാഗത്തിന്റെ ഹേതു എപ്പോഴും എന്താ എപ്പോഴും മാറ്റമില്ലാതെ രാഗത്തിന്റെ ഹേതു എന്താണ് രാഗത്തിന്റെ വിഷയം രാഗത്തിന്റെ വിഷയമാണ് രാഗത്തിന്റെ ഹേതു രാഗമെന്ന് വെച്ചാ ഇച്ച അത്രയേ ഇപ്പൊ ഇച്ചയുടെ എപ്പോഴും ഇച്ഛയുടെ വിഷയമായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ പറയുന്നു എനിക്ക് മൊബൈലിനോട് രാഗമുണ്ടെന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം മൊബൈലാണ് എന്റെ രാഗത്തിന്റെ വിഷയം എന്നാണ് എഞ്ചിന മൊബൈലാണ് എന്റെ രാഗത്തിന്റെ ഇച്ഛയുടെ വിഷയം അതാണ് അനുരാഗഹേതവും നിരന്തരമായ ഇച്ഛയുടെ വിഷയമായ എന്തോദ സ്വർഗത്തെടുത്ത് ഇവരെപ്പോഴും അതാണ് മനസ്സിൽ കാണുന്നത് യാഗൊക്കെ ചെയ്യുന്നവർക്ക് എന്താണ് അവരും നിരന്തരം ആഗ്രഹിക്കുന്ന സ്വർഗമാണ് ഞാനിങ്ങനെ ഇതൊക്കെ വായിക്കുന്ന കാലത്തെ തുടക്കത്തില് പത്ത് പതിനാറ് വയസ്സുള്ളപ്പോഴേ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പിന്നെങ്ങനെയാ സ്വർഗത്തിൽ മനുഷ്യന് ആഗ്രഹം ഉണ്ടാകുന്നു സ്വർഗത്തിലെങ്ങനെയാ ഒരു മനുഷ്യന് ആഗ്രഹം ഉണ്ടാകുന്നു എനിക്കത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമായിരുന്നു എന്തുകൊണ്ട് സ്വർഗമുണ്ടെന്നുള്ള എനിക്ക് എന്റെ മനസ്സ് ഒരിക്കലും അംഗീകരിച്ചിട്ടേ ഇല്ല ജീവിതത്തിൽ പിന്നെങ്ങനെയാ സ്വർഗ്ഗത്തിലൊരാൾക്ക് ആഗ്രഹം ഉണ്ടാകും പറഞ്ഞാൽ മനസ്സിലാകുന്നു നടക്കില്ല അങ്ങനൊരു സ്ഥലമില്ലാന്ന് എങ്ങനെ വേണ്ട മനസ്സ് എന്താണ് കാരണമെന്നറിയത്തില്ല അങ്ങനെ മനുഷ്യന് പൂർവ്വജന്മങ്ങളൊന്നുമില്ല അതന്ധവിശ്വാസം അന്ന് വേണമെങ്കിൽ പറയാം മനുഷ്യന് ഇവര് ജന്മ വീട്ടിലെ നമ്മുടെ ഒരു അമ്മൂമ്മയുണ്ട് അവര് നാലു മണിക്ക് കഴിഞ്ഞൊരു പാർട്ടി പിന്നെ ജോർജ് എന്ന് പറഞ്ഞാൽ അയാൾ അഞ്ചുമണിക്ക് കഴിഞ്ഞൊരു പാർട്ടി അതുകഴിഞ്ഞ് നമ്മുടെ ഫാദറും മദറും അപ്പൊ ഇത് എല്ലാ ദിവസവും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക ഇത് അറിയാതെ തന്നെ സുഖം ഉണ്ടെന്നു തീരുമാനിക്കുന്നു അതെ അതെ അതെ ും പക്ഷെ ഈ പറഞ്ഞതിന് ഒരു കാര്യമുണ്ട് കാരണം നമ്മുടെ വീട്ടിലൊന്നും ആരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറൊന്നുമില്ല അപ്പോ അങ്ങനെ ഒരു സംഭവമേ ഇല്ല ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല വീട്ടിലാരെങ്കിലും പ്രാർത്ഥിക്കുന്നു ഒരിക്കലും നടന്നിട്ടില്ല ഞങ്ങൾക്കൊക്കെ ഒരു പണിയുണ്ട് വൈകുന്നേരം നിലവിള കൊടുത്തിട്ടായിരുന്നു ഇരുന്ന് രാമ രാമ രാമ രാമ രാമ രാമ പായിമാന്ന് പറയുന്നു അതൊരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ പറഞ്ഞാലേ കഞ്ഞി കിട്ടത്തോളൂ രാത്രി അതൊരു ചടങ്ങ് അതിനപ്പുറം ആരും പ്രാർത്ഥിക്കുന്നു അതും പിള്ളേര് മതി മുതിർന്നവർക്ക് അതിന്റെ ആവശ്യമില്ല അവരിന്നൊക്കെ ഫ്രീ ആണ് അത് ഇതൊരു പ്രത്യേകതയാണ് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെ ഒക്കെ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കും ഈ ഹിന്ദുക്കളുടെ ഒക്കെ പിള്ളേർക്ക് മാത്രം പ്രാർത്ഥിച്ചാൽ മതി പിന്നെ അമ്മമ്മമാർ ഇടയ്ക്കൂറേ പ്രാർത്ഥിക്കുന്നു ഞാന് ഈ ഒറ്റയ്ക്ക് ഹിമാചൽക്കുല രീതി ഗ്രാമത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഈ അമ്മയ്ക്ക് ഒക്കെ വെളുത്തു പ്രാർത്ഥിക്കുന്നത് കൂലൂരികളും കൂടുതലാണ് നിനക്കൊരു അനർത്ഥവും ഭവിക്കില്ല പിന്നെ നിന്റെ ഒരു ദൈവാലയ നിന്റെ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകില്ല അപ്പൊ അടയ്ക്ക് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ശക്തി ഉള്ളതാണ് ഒറ്റക്കെ ഗ്രാമങ്ങളിൽ അതുണ്ട് പ്രാർത്ഥനയ്ക്ക് ബലമുണ്ട് ശക്തി അതൊക്കെ ഇല്ലാന്നുണ്ടായിരുന്ന അതൊരു സെൽഫ് ഹിഫ്റ്റ് നോട്ടീസ് ആണ് സെൽഫ് നമ്മളെ തന്നെ നമ്മളെ പറഞ്ഞ് ധൈര്യം കൊടുക്കുന്ന കാര്യമാണ് പ്രാർത്ഥന ശക്തിയില്ലാത്ത ഉറപ്പായിട്ട് ശക്തിയുണ്ട് പക്ഷെ നമുക്കതിനുള്ള മനസ്സ് വരണ്ടേ എന്റെ പ്രശ്നം അങ്ങനെ പ്രാർത്ഥിച്ച് ശക്തി ഉണ്ടാക്കാനുള്ള ഒരു മനസ്സിലൂടെ നോക്കു വരണ്ടേ അല്ലെങ്കിൽ എന്തു ചെയ്യും എൻ്റെ അനുരാഗഹേതുവസ്യ പിച്ചയ്ക്ക് വിഷയമായിരിക്കുന്ന നിർദ്ധാരണ സ്വർഗ്ഗം അതാണ് ഞാൻ പറഞ്ഞു ആ സ്വർഗത്തിൽ അത് ഇച്ചയ്ക്ക് വിഷയമായ വൈരാഗ്യം പോയിന്ന് പിന്നെ എങ്ങനെയാണതില് ഇച്ച ഇല്ലായ്മ വരുന്നത് പറയുന്ന മനസിലാകും വൈരാഗ്യം എന്ന് വെച്ചാ ഇച്ച ഇവിടെ പറയുന്നതിൻ്റെ ഒരു കോൺട്രഡിക്ഷ ഉണ്ടെന്നാണ് വിഷയത്തിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ എന്റെ മുക്കാൽ പാകയെ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞു അതാരെയും കിട്ടിയുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ മുഴുവൻ ആർക്കും ഞാൻ പറഞ്ഞത് സ്വർണ്ണ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നുകൂടെ പറയാ ഭാവനികാരൻ ചോദിക്കുന്നത് ഇച്ഛ അനുരാഗം എന്ന് വെച്ചാ നിരന്തരമായ ഇച്ഛയുടെ വിഷയം അനുരാഗ വിഷയം അനുരാഗേതു ഭാവനികാരൻ ചോദിക്കുന്നത് ഇച്ഛയുടെ വിഷയമായ ഒന്നൽ ഇച്ഛയില്ലാതിരിക്കുക അതങ്ങനെ സംഭവിക്കും അതിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത് ഒരു വിഷയത്തിൽ ഇച്ഛ ഇല്ലാതിരിക്കുന്നതാണ് എന്ത് വൈരാഗ്യ പക്ഷെ ഇച്ഛയുടെ വിഷയമായ ഒന്ന് ഇച്ഛ ഇല്ലാതിരിക്കുക അങ്ങനെ ഒരു വൈരാഗ്യം മനുഷ്യൻ എങ്ങനെ ഉണ്ടാവും എന്തുകൊണ്ട് സ്വർഗമെന്ന് പറയുന്നവന്റെ ഇച്ഛയുടെ വിഷയമാണ് അതിലെങ്ങനെ വൈരാഗ്യം ഉണ്ടാവണമെന്ന് എന്ത് വേണം അതിന് ഇച്ഛ ഇല്ലാതിരിക്കണം പക്ഷെ അത് ഇച്ഛയുടെ വിഷയം കോണ്ടിഷൻ മനസ്സിലായ സ്വർഗത്തിൽ മനുഷ്യന് ഒരിക്കലും വൈരാഗ്യം ഉണ്ടാകത്തില്ല വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇച്ഛ ഇല്ലാതിരിക്കുക സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഇച്ചയുടെ വിഷയം അപ്പൊ ഇച്ചയുടെ വിഷയമായോ ആ സ്വർഗ്ഗത്തിൽ വൈരാഗ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കണമെന്നുള്ള വൈരാഗ്യം എന്ന് വെച്ചാൽ ഇച്ച ഇല്ലാതിരിക്കുക മനസിലായോ എല്ലോ മനസ്സിലായോ ഉം എന്തോ സംഭവം അതിന് വൈരാറ്റംഭവ സ്വർഗമുണ്ടാകും സ്വർഗമുണ്ടാകാം ഇതില് ഈ സ്വർഗത്തെ കുറിച്ച് ഒരാൾ അറിയില്ലെങ്കിൽ പിന്നെ അവൻ ഇച്ഛയില്ലല്ലോ വിഷയമില്ലെങ്കിൽ പിന്നെ അവൻ ഇച്ഛയില്ലല്ലോ ഞാൻ പറഞ്ഞ എന്താന്ന് മനസ്സിലായോ എന്താണോ പറഞ്ഞു ക്ലിക്കാ സ്വർഗത്തിൽ ഇച്ഛയുടെ ഹേതു സ്വർഗം അതാണ് സ്വർഗം എന്നുവെച്ചാ ഇച്ഛയുടെ വിഷയം ഇനി സ്വർഗത്തിലുള്ള ഒരാൾക്ക് വൈരാഗ്യം ഉണ്ടാകണമെന്നാ പറയുന്നത് വൈരാഗ്യം ഉണ്ടാകുന്ന എന്താണ് അവിടെ ഇച്ഛ ഇല്ലാതിരിക്കുക അങ്ങനെ ഭൂമിയിൽ ഇരുന്ന് യാഗം ചെയ്യുന്ന ആളിനെ കുറിച്ച് പറയണം അയാളോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നനക്ക് വൈരാഗ്യം ഉണ്ടാകണം എവിടെ വൈരാഗ്യം ഉണ്ടാവണം സ്വർഗത്തിൽ സ്വർഗം എന്ന് പറഞ്ഞ എന്താണ് ഇച്ചയുടെ വിഷയം സ്വർഗം അയാളുടെ ഇച്ഛയുടെ വിഷയമാണെന്ത് സ്വർഗം അതിൽ ഇച്ഛയില്ലാതിരിക്കുക അതങ്ങനെ സംഭവിക്ക സംഭവിക്കില്ല എന്തുകൊണ്ട് സംഭവിക്കില്ല സ്വർഗം ഇച്ചയുടെ വിഷയ അതെ അതുകൊണ്ട് എന്തുകൊണ്ട് അതിന് ഇച്ഛയില്ല എന്ന് പറയുന്നത് ശരിയല്ലെന്ന് എന്തോ പറയുന്നു അതൊക്കെ പോട്ടെ ഞാൻ പറയണു എനിക്ക് വലിയ ഇഷ്ടമാണ് ജിലേബി എന്നിട്ട് ഞാൻ പറയാണ് എനിക്ക് ജിലേബിയോട് വലിയ വൈരാഗ്യം ഉണ്ട് അത് ശെരിയാവും എന്തുകൊണ്ടില്ല പരസ്പര വിരുദ്ധം എങ്ങനെ വരുന്നു കറക്റ്റ് പരസ്പര വിരുദ്ധമാണ് എങ്ങനെ വിരോധം വരുന്നു ഓ ഈ ഒരു ചെറിയ കാര്യം മനസ്സിലാക്കി മണിക്കൂർ അത് ഈ യാഗവും സ്വർഗവും ഈ ജിലേബി ആരും ജിലേബിയുടെ ആരും പ്രതി മനസ്സിലായിരുന്നു പരസ്പര വിരുദ്ധം വിരോധം ഇഷ്ടമുണ്ടെന്ന് പറയാം അവന് ഇഷ്ടമാണ് ജിലേബി പിന്നെ ചുമ്മാ പറയാ വൈരാഗ്യം ഉണ്ട് അത് പരസ്പര വിരുദ്ധമായിരുന്നു എങ്ങനെയാ വിരോധം വരുന്നത് ഇഷ്ടമാണ് വൈരാഗ്യം ഉണ്ടെന്ന് പറയാം അതേ എന്താണെന്ന് വിശദീകരിക്കണം സമിതി അതായത് ഇവര് ജിലേബി ഇഷ്ടമാണ് ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചു അപ്പൊ അവര് വൈരാഗ്യം വരാം വേറെ എവിടെയോ പോയി അത് എന്തുകൊണ്ട് ശരിയല്ലെന്ന് പറയുന്നു ഒരേ ഞാൻ ജിലേബി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഇച്ചയുടെ വിഷയമാണെന്നാണ് മനസിലായോ ജിലേബിയിൽ വൈരാഗ്യം ഉണ്ടെന്ന് അർത്ഥം അതിന് ഇച്ച ഇല്ലെന്നാണ് ഇപ്പൊ ഇവിടെ എന്താണ് പരിസരം വരുന്ന ഇപ്പൊ മനസിലായോ എന്തുണ്ടെന്നും ഇല്ലെന്നും ഇച്ചുണ്ടെന്നും വൈരാഗ്യമുണ്ട് വൈരാഗ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ വിരോധം വരുന്നത് എന്തുകൊണ്ട് പാടില്ല എന്താ ഇട്ടം വിളിച്ചും അവിടെ അത് തന്നെ എന്താ വിരോധം എന്താ അവിടെ വിഷയമായിട്ടുള്ള ഇത്രയും വലിയ പ്രശ്നമാണ് ഇത് വിഷയമായിട്ടുള്ള ഇത്രയും ആലോചിക്കാനും ഇത്രയും ചെലവഴിക്കാനും കാര്യങ്ങളുണ്ട് നോക്ക് വിരോധം എന്ന് പറയുന്ന ഇതാണ് വിശദീകരിക്കാം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇച്ഛ ഇല്ലാതിരിക്കുക ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇച്ഛ ഉണ്ടായിരിക്കുക ഒരു വസ്തുവിനെ കുറിച്ച് ഞാൻ പറയണ് എനിക്കിത് ഇഷ്ടമുണ്ട് വൈരാഗ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എനിക്ക് ഇച്ഛ ഉണ്ട് ഇച്ഛയില്ലെന്നാണ് ഇപ്പൊ ഡിറ്റിയ ഞാൻ പറയുന്ന എനിക്ക് ജലേബിയിൽ ഇച്ഛ ഉണ്ട് ഇച്ഛ ഇല്ല ഉണ്ട് ഇല്ല എന്നു ഞാൻ പരസ്പര വിരുദ്ധമാണ് അപ്പൊ ഇച്ഛ ഉണ്ടെന്ന് പറയുന്ന ഏത് വാക്കിൽ നിന്ന് കിട്ടുന്നു ഇഷ്ടം എന്നുള്ള വാക്കിത് ഇച്ഛ ഇല്ല എന്നുള്ളത് ഏത് വാക്ക് ഇന്ന് കിട്ടുന്നു വൈരാഗ്യം ഇതാണ് കോണ്ട മനസിലായ എന്തോന്നുരാഷൻ ആണ് ഒരു വസ്തുവിൽ ഇഷ്ടവും വൈരാഗ്യവും പറയാൻ പറ്റില്ല പറയുന്നു ഒരാൾക്ക് ഒരേ സമയം ഒരു വസ്തുവിന് ഇഷ്ടവും വൈരാഗ്യവും അത് വേറെ ഒരു കാലത്തായിരിക്കണം ഇന്നിപ്പോ എനിക്ക് ഇഷ്ടമുണ്ട് വരകാഴായപ്പോ എനിക്ക് എന്തുണ്ടായി വൈരാഗ്യം ഉണ്ടായി അത് വേറൊരു കാലത്ത് ഇവിടെ പറയുന്നത് എന്താണ് യാഗം ചെയ്യുന്നവനാണ് വൈരാഗ്യം ഉണ്ടാവേണ്ടത് അതാ പ്രശ്നം സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യുന്നവന് സ്വർഗത്തിൽ വൈരാഗ്യം ഉണ്ടായാലേ സാധനചേഷ്ഠ സമ്പത്തി ഉണ്ടാവും സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യുന്നവന് സ്വർഗം ഇഷ്ടം എന്ന് പറഞ്ഞാ അവന് വൈരാഗ്യം ഉണ്ടെന്ന് പറഞ്ഞാ ഇച്ഛയില്ല ഒരേ സമയം യാഗം ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ഇച്ഛ ഉണ്ടായിരിക്കുക ഇച്ഛയില്ലാതിരിക്കുക ഇത് പരസ്പര വിരുദ്ധമാണ് ഇപ്പൊ കത്തി എന്ന് കരുതുന്നു കത്തി കത്തി കത്തി അതാണ് അസംഘമായി അത് മറ്റൊരു വിഷയമാണ് കേട്ടോ സംഘമായി കർമ്മം ചെയ്യണമെന്ന് പറയും അത് പറയുന്നുണ്ട് പക്ഷെ അതിന്റെ സന്ദർഭം മേലെയാണ് ഈ വൈരാഗ്യത്തെ കുറിച്ച് പറയുന്നിടത്തല്ല വൈരാഗ്യം ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് മറ്റേ അങ്ങനെ അല്ല കർമ്മം ചെയ്യുന്നിടത്താണ് ഈ നിസ്സംഗത വരെയുള്ളത് കർമ്മം ചെയ്യുന്നു അപ്പൊ ഇച്ചയില്ലെങ്കിൽ ഇച്ഛയില്ലെങ്കിൽ ഒരാൾ പിന്നെ എന്തിനു കർമ്മം ചെയ്യണോന്ന് ചോദ്യം വരും ഇച്ഛയില്ല കർമ്മം ചെയ്തു പിന്നെ ഇച്ഛ പിന്നെ ഇച്ഛയില്ലെങ്കിൽ എന്തിനു കർമ്മം ചെയ്യുന്നു ചോദിച്ചാ എന്തു പറയും ഇച്ഛയില്ലെങ്കിലും അവൻ കർമ്മം ചെയ്യുന്നു ഇച്ഛയില്ലെങ്കി എന്തിനു കർമ്മം ചെയ്യും അതാണ് പറയുന്നത് സ്വധർമ്മം തന്റെ ധർമ്മമായതുകൊണ്ട് കർമ്മം ചെയ്യുന്നു ധർമ്മം അപ്പൊ ഇച്ഛയില്ല പിന്നെ എങ്ങനെ എന്റെ ധർമ്മമാവും അതെങ്ങനെയാവും എങ്ങനെയാണ് ഇച്ഛയല്ല തന്റെ ധർമ്മമാന കേട്ടില്ല ജാതിക്കനുസരിച്ച് എങ്ങനെ തീരുമാനിക്കും അങ്ങനെ തീരുമാനിക്കും ശാസ്ത്രം ശാസ്ത്രം പ്രമാണ കാര്യകാര്യ ശാസ്ത്രം പറയുന്ന ഇതെന്റെ ധർമ്മമാണെന്നും ധർമ്മമായതുകൊണ്ട് തനിക്ക് ഇച്ഛയില്ലെങ്കിലും ആ പ്രവൃത്തി ചെയ്യണം ഇതിനാണ് എന്തു Karma കർമ്മയോഗം Karma വ്യാഖ്യാനിച്ചു തീർന്നില്ല അതിന്റെ തുടക്കം ഇതാണ് അതുകൊണ്ടാണ് സർവീസ് എന്ന് പറയുന്ന ആണെന്ത് നല്ലത് കർമ്മയോഗം ചെയ്യണമെങ്കിൽ അവിടെ എന്ത് കൊണ്ടുവരേണ്ടി വരും ശാസ്ത്രം കൊണ്ടുവരേണ്ടി വരും മനസിലായ ഒരുപാട് വരും ശാസ്ത്രം വരും ജാതി വരും കർമ്മയോഗം ചെയ്യണമെങ്കിൽ എന്ത് വേണം ശാസ്ത്രവും വേണം സർവീസ് എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല അതുകൊണ്ട് കൊച്ചി ഗമയടിച്ച് ഞാൻ കർമ്മയോഗം ചെയ്യുന്നു എന്നൊന്നും പറയരുത് ഞാൻ സർവീസ് ചെയ്യുന്നു സേവനം ചെയ്യണ അതെ കുറിച്ച് അറിയാൻ അല്ല ഈ ഓടിയൻസ് ഓഡിയൻസിനോട് പറഞ്ഞു കഴിഞ്ഞാ ഒരു പുതിയ വാക്ക് കിട്ടിയോണ്ട് ഒരു സന്തോഷം കർമ്മയോഗം അവനും ഇറങ്ങി പറയും സംസാരിക്കും ഒന്നും പറയുന്നതിന് അർത്ഥമില്ല സേവനശരി ഉം അവിടെ ഇരിക്കട്ടെ ആ ഒരു കാര്യം തെളിഞ്ഞെന്നും വിചാരിക്കും